യൂണിറ്റ് സിക്സ് ലെസൺ ട്വന്റി എന്നെ കളിയാക്കരുത് നമസ്കാരം സർട്ടിരിക്കൂ വേണ്ട വേണ്ട താൻ തന്റെ സീറ്റിൽ തന്നെ ഇരിക്കണം എനിക്ക് മതി അവിടത്തെക്കാളും നല്ല കാറ്റും വെളിച്ചവുമൊക്കെ ഇവിടെ ഉണ്ട് വാതിലും ചെന്നലും ഒക്കെ ഇവിടെ ആണല്ലോ ക്ഷമിക്കണം സാർ ഇതൊരു ചെറിയ ഓഫീസാണ് വലിയ സൗകര്യങ്ങളൊന്നുമില്ല എന്തിനാണ് മമ്മത ഇത്ര വലിയ ക്ഷമാവണം ഇത് തന്റെ വീടൊന്നും അല്ല സർക്കാർ ഓഫീസല്ലേ അതും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗ്രാമവികസന ഓഫീസ് അത് ശരി അപ്പോ സാറിന്റെ വരവിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ തന്റെ ഊഹം ശരി തന്നെ എന്നാൽ നമുക്കിനി വിഷയത്തിലോട്ട് കടക്കാം എനിക്കൊരു അഭിമുഖ സംഭാഷണം നടത്തണം അഭിമുഖ സംഭാഷണമോ അതിന് ഞാൻ അത്ര തനിക്ക് എന്താണോ കുറവ് സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല ഗ്രാമസേവകനല്ലേ താൻ താനാണല്ലോ ആ സമ്മാനത്തിന്റെ ഉടമസ്ഥൻ മുഖൌര ഇത്രയൊക്കെ പോരെ ചോദ്യങ്ങൾ തുടങ്ങട്ടോ എല്ലാം സാറിന്റെ ആജ്ഞരു പൊതുജന സേവകൻ തനിക്ക് വലിയൊരു പ്രാസംഗിക ശൈലിയൊക്കെ അതും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശൈലി എന്നെ കളിയാക്കരുത് സാർ ഞാനൊരു പാവമാണ് ശരി ശരി യോ ക്ഷമിക്കണം സാർ ഒരു അഞ്ചാറ് മിനിറ്റ് താമസമുണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ എനിക്ക് ഇന്ന് മേലധികാരിക്ക് ഈ റിപ്പോർട്ട് അയക്കണം എന്തിന്റെ റിപ്പോർട്ടാ കുടുംബാസൂത്രണം വന്ധ്യംകരണ ശസ്ത്രക്രിയ കൂട്ടുകൃഷി രാസവളം ഇതിന്റെ ഒക്കെ കണക്കാണോ എല്ലാമുണ്ട് സാർ ഞങ്ങൾക്ക് പക്ഷെ ഈ റിപ്പോർട്ട് ഇവിടത്തെ കോഴി വളർത്തലിനെ പറ്റിയാണ് ഈ ഗ്രാമത്തിൽ ആകെ അഞ്ഞൂറ്റി പതിനേഴ് വീടുകളുണ്ട് അതിൽ മുന്നൂറ്റി അമ്പതിലധികം വീട്ടുകാർക്കും കോഴികളുണ്ട് ശരി ശരി അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം തന്റെ ജോലി തീർക്കൂ അതിന് ഞാനൊരു തടസ്സം ആകരുത് ിസൺ റിപ്പീറ്റ് നമസ്കാരം സർ നമസ്കാരം സർ വരൂ ഇങ്ങോട്ടിരിക്കൂ വരൂ ഇങ്ങോട്ടിരിക്കൂ വേണ്ട വേണ്ട താൻ തന്റെ സീറ്റിൽ തന്നെ ഇരിക്കണം വേണ്ട വേണ്ട താൻ തന്റെ സീറ്റിൽ തന്നെ ഇരിക്കണം എനിക്ക് ഈ സ്റ്റൂൾ മതി എനിക്കീ സ്റ്റൂൾ മതി അവിടത്തെക്കാളും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഇവിടെ ഉണ്ട് അവിടത്തെക്കാളും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഇവിടെ ഉണ്ട് വാതിലും ജനലും ഒക്കെ ഇവിടെയാണല്ലോ വാതിലും ജനലും ഒക്കെ ഇവിടെയാണല്ലോ ക്ഷമിക്കണം സർ ക്ഷമിക്കണം സർ ഇതൊരു ചെറിയ ഓഫീസാണ് ഇതൊരു ചെറിയ ഓഫീസാണ് വലിയ സൗകര്യങ്ങൾ ഒന്നുമില്ല വലിയ സൗകര്യങ്ങൾ ഒന്നുമില്ല എന്തിനാണ് മമതെ ഇത്ര വലിയ ക്ഷമാപണം എന്തിനാണ് മാമത ഇത്ര വലിയ ക്ഷമാപണം ഇത് തന്റെ വീടൊന്നുമല്ല ഇത് തന്റെ വീടൊന്നുമല്ല സർക്കാർ ഓഫീസല്ലേ സർക്കാർ ഓഫീസല്ലേ അതും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗ്രാമവികസന ഓഫീസ് അതും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗ്രാമവികസന ഓഫീസ് അതുശരി അത് ശരി അപ്പോ സാറിന്റെ വരവിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ അപ്പോ സാറിന്റെ വരവിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ ഉണ്ട് തന്റെ ഊഹം ശരി തന്നെ ൂഹം ശരിതന് എന്നാൽ നമുക്കിനി വിഷയത്തിലോട്ട് കടക്കാം എന്നാൽ നമുക്കിനി വിഷയത്തിലോട്ട് കടക്കാം എനിക്കൊരു അഭിമുഖ സംഭാഷണം നടത്തണം എനിക്കൊരു അഭിമുഖ സംഭാഷണം നടത്തണം അഭിമുഖ സംഭാഷണമോ അഭിമുഖ സംഭാഷണമോ അതിനു ഞാനത്ര വലിയ വ്യക്തിയൊന്നുമല്ലോ അതിനു ഞാനത്ര വലിയ വ്യക്തിയൊന്നുമല്ലോ തനിക്ക് എന്താണോ കുറവ് തനിക്ക് എന്താണോ കുറവ് സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല ഗ്രാമസേവകനല്ലേ താൻ സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല ഗ്രാമസേവകനല്ലേ താൻ താൻ ആണല്ലോ ആ സമ്മാനത്തിന്റെ ഉടമസ്ഥൻ താനാണല്ലോ ആ സമ്മാനത്തിന്റെ ഉടമസ്ഥൻ മുഖവുര ഇത്രയൊക്കെ പോരെ മുഖവുര ഇത്രയൊക്കെ പോരെ ചോദ്യങ്ങൾ തുടങ്ങട്ടോ ചോദ്യങ്ങൾ തുടങ്ങട്ടോ എല്ലാം സാറിന്റെ ആജ്ഞ എല്ലാം സാറിന്റെ ആജ്ഞ ഞാനൊരു പൊതുജന സേവകൻ ഞാനൊരു പൊതുജന സേവകൻ തനിക്ക് വലിയൊരു പ്രാസംഗിക ശൈലിയൊക്കെ ഉണ്ടല്ലോ തനിക്ക് വലിയൊരു പ്രാസംഗികന്റെ ശൈലിയൊക്കെ ഉണ്ടല്ലോ അതും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശൈലി അതും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശൈലി എന്നെ കളിയാക്കരുത് സാർ എന്നെ കളിയാക്കരുത് സാർ ഞാനൊരു പാവമാണ് ഞാനൊരു പാവമാണ് ശരി ശരി റെഡി ആയോ ശരി ശരി റെഡി ആയോ ക്ഷമിക്കണം സാർ ക്ഷമിക്കണം സാർ ഒരു അഞ്ചാറ് മിനിറ്റത്തെ താമസമുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റത്തെ താമസമുണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ എനിക്ക് ഇന്നു തന്നെ മേലധികാരിക്ക് ഈ റിപ്പോർട്ട് അയക്കണം എനിക്ക് ഇന്നു തന്നെ മേലധികാരിക്ക് ഈ റിപ്പോർട്ട് അയക്കണം എന്തിന്റെ റിപ്പോർട്ടാ എന്തിന്റെ റിപ്പോർട്ടാ എന്തിന്റെ റിപ്പോർട്ടാ കുടുംബാസൂത്രണം കുടുംബാസൂത്രണം വന്ധ്യംകരണ ശസ്ത്രക്രിയ വന്ധ്യംകരണ ശസ്ത്രക്രിയ കൂട്ടുകൃഷി കൂട്ടുകൃഷി രാസവളം രാസവളം ഇതിന്റെ ഒക്കെ കണക്കാണോ ഇതിന്റെ ഒക്കെ കണക്കാണോ എല്ലാ ബുണ്ടസ് ഞങ്ങൾക്ക് എല്ലാ ബുണ്ട സാറങ്ങൾക്ക് പക്ഷേ ഈ റിപ്പോർട്ട് ഇവിടത്തെ കോഴി വളർത്തലിനെ പറ്റിയാണ് പക്ഷെ ഈ റിപ്പോർട്ട് ഇവിടത്തെ കോഴി വളർത്തലിനെ പറ്റിയാണ് ഈ ഗ്രാമത്തിൽ ആകെ അഞ്ഞൂറ്റി വീടുകളുണ്ട് ീ ഗ്രാമത്തിൽ ആകെ അഞ്ഞൂറ്റി പതിനേഴ് വീടുകളുണ്ട് അതിൽ മുന്നൂറ്റി അമ്പതിലധികം വീട്ടുകാർക്കും കോഴികളുണ്ട് അതിൽ മുന്നൂറ്റി അമ്പതിലധികം വീട്ടുകാർക്കും കോഴികളുണ്ട് ശരി ശരി അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ശരി ശരി അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം തന്റെ ജോലി തീർക്കൂ ആദ്യം തന്റെ ജോലി തീർക്കൂ അതിന് ഞാനൊരു തടസ്സം ആകരുത് അതിന് ഞാനൊരു തടസ്സം ആകരുത് Oh my god